അവർ നിങ്ങളുടെ കൂടെ പുറപ്പെട്ടിരുന്നെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അവർ നിങ്ങളുടെ ഇടയിൽ നടന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ ഇടയിൽ അവരുടെ വാക്കുകൾ കേൾക്കുന്നവരും ഉണ്ടാകുമായിരുന്നു അക്രമികളെക്കുറിച്ച് അള്ളാഹുസ്ബഹാനഹുവത്ത ആല എല്ലാം അറിയുന്നവനാകുന്നു